ടുത്ത് തസ്മ എന്ന ഉപാസനായ കാര്യം കർമാവേ അവിടെ മോലൻ്റെ അതുകൊണ്ട് എന്താണ് ഉപാസനയുടെ കാര്യത്തിൽ അത് ഞാനകർമ്മം സമുച്ചയായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് നമുക്ക് ഇതാണ് പറഞ്ഞു വരുന്നത് അതിൻ്റെ ഇടയ്ക്ക് അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയാണ് ഉപാസനയുടെ കാര്യം ഉപാസനയുടെ എന്താണ് പക്ഷേ അതിന് കർമ്മത്തിന്റെ അപേക്ഷയില്ല പിന്നെ അതേ എന്നാ ഉപാസന ഉപ്പത്തോ ഉത്പത്തിയിലും നിർഭിചികിത്സ ശബാബ്ദാനം അത് ശ്രവണ മലനുകൊണ്ടുണ്ടാവുന്നതാണ് നിർഭിചികിത്സ ശബ്ദ ശബ്ദം ആ ജ്ഞാനത്തിനുപത്തിക്ക് കാലം അനധികാര കർമ്മണി കർമ്മത്തിൽ അധികാരമില്ലാന്ന് ഉക്ത അതും നേരത്തെ പറഞ്ഞു അവിടെ കർമ്മം ഇല്ല അതുകൊണ്ടുതന്നെ നിർവ്യചികമായ ശബ്ദജ്ഞാനം ശ്രവണമരണങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന ശബ്ദജ്ഞാനം അതിനുശേഷം അണുപാസന വ്യത്യാസൻ ധ്യാനം എന്നെല്ലാം പറയും അവിടെ കർമ്മമില്ല കർമ്മത്തിന്റെ അതുകൊണ്ട് തന്നെ കർമ്മത്തിനവിടെ അധികാരമില്ല കാരണം താൻ അകർത്താവ് തന്നെ പറയും അകർത്താവെന്ന് അറിയുന്ന ആളിന്ന് പിന്നെ അവിടെ കർമ്മം ചെയ്യാൻ കഴിയത്തില്ല അവിടെ കർമ്മം അതുകൊണ്ട് അവിടെ ഉപാസനയുമായിട്ട് സമുച്ചയമില്ല ്രഹ്മത്തെ അറിഞ്ഞ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു കർമ്മത്തിനും അധികാരമില്ല അതുകൊണ്ട് ബ്രഹ്മജ്ഞാനത്തിന് ശേഷം കർമാനുഷ്ഠാനം അയാള് സംഭവിക്കുന്നേ ഇല്ല അതുകൊണ്ട് നിർവഹിച്ച ജ്ഞാനം ഉണ്ടാകുമ്പം തന്നെ അതുകൊണ്ട് ഉപാസന തുടക്കത്തിലും ഉപാസനയുടെ കാര്യത്തിൽ കർമ്മത്തിന്റെ അപേക്ഷനില്ല ഉപാസനയുടെ ഉത്പത്തിയിലും കർമാപേക്ഷയില്ല അപ്പൊ ഉപാസന തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു കർമ്മത്തിന്റെയും ഒരു കർമ്മത്തിനായുള്ള അധികാരി അവിടെ കർമ്മം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് വൈദ്യ കർമ്മങ്ങളാണ് പിന്നെ നിത്യം നൈമിത്തികം കാമ്യം നിശബ്ദ നേരത്തെ തന്നെ ഉപേക്ഷിച്ചാണ് ഈ പിന്നെ ഉപാസന ഉത്പത്തി എന്ന് പറയുമ്പോൾ പിന്നെ അങ്ങനെ അപ്രോക്ഷം ഞാൻ ഉണ്ടാകുന്നു അവിടെ ഈ ശ്രുതിയും പറയുന്നത് അമൃതത്വം കർമ്മം കൊണ്ട് നേടാൻ കഴിയില്ല മോക്ഷം ഇതെന്ന ഗ്രഹസ്ഥുറിച്ച് പറയണം ഗ്രഹസ്ഥനെന്ത് ചെയ്യുന്നു പ്രജകളുണ്ട് അപ്പൊ ആ പ്രജകളെ കൊണ്ട് എന്താണ് അമൃതത്വം നേടാൻ പറ്റത്തില്ല ധനേന സമ്പത്ത് കൊണ്ട് അമൃതത്വം നേടാൻ പറ്റില്ല പിന്നെ ത്യാഗേകേ ത്യാഗംന്ന് വെച്ച സന്യാസം എന്നാണ് അർത്ഥം സന്യാസത്തിലൂടെ മാത്രമേ അമൃതമോക്ഷത്തെ പ്രാപിക്കാൻ പറ്റൂ അപ്പൊ സന്യാസം എന്ന് പറഞ്ഞാ എന്താണ് എന്താണോ കർമ്മം സമാപനം ചെയ്യാൻ ഗൃഹസ്ഥാശ്രമത്തെ തയ്ക്കുക സന്യാസി എന്നാ മാത്രേ കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റൂ അല്ലെങ്കിൽ കർമ്മം ചെയ്യണം ഗ്രഹസ്ഥാശ്രമി ആണെങ്കിൽ കർമ്മം ചെയ്തേ തീരൂ സന്യാസി ആണെങ്കിൽ കർമ്മം ചെയ്യാനേ പാടില്ല ഇതാണ് ശങ്കരാചാര്യ നിലപാട് ഇപ്പൊ ത്യാഗംന്ന് പറയുമ്പം വേറെ ഈശ്വരനെ സമർപ്പിക്കാൻ ഒന്നും അർത്ഥം പറഞ്ഞ പോരുന്നോണ്ട് അല്ലെങ്കിൽ എന്താ പറയുക നിത്യാസനത്തിന്റെ അവസ്ഥയാണ് പറയുന്നത് രസക പറയുന്നത് <gumori> ും തോന്നില്ല ഞാനിങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ മനസ്സിലാക്കാൻ ഞാൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ മനസ്സിലാക്കുക സ്വയം ഒന്നും ചിന്തിക്കുന്നില്ലാകാര വൃത്തിക്കുള്ള വില ചെയ്യാവുന്നു വേറെ വിലയും ചെയ്യാം ഈശ്വര സമർപ്പണംന്ന് പറഞ്ഞാൽ അത് ഗ്രഹസ്ഥനും ചെയ്യേണ്ട കാര്യമാണ് മനസിലായ അതിന് സന്യാസം വേണമെന്നില്ല ഗൃഹസ്ഥനും സന്യാസിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്താണ് വ്യത്യാസം ആ ഗ്രഹസ്ഥൻ കർമ്മം അനുഷ്ഠിക്കുന്നു സന്യാസി കർമ്മത്തെ ത്യജിക്കുന്നു വേറെ വ്യത്യാസമൊന്നുമില്ലേക്ക് വേണ്ടിയുള്ളൂ സന്യാസി വേറെ വ്യത്യാസമൊന്നുമില്ലേ സന്യാസി പ്രധാന വ്യത്യാസം എന്താണ് സന്യാസികൾ സന്യാസിയോ അവർക്കറിയത്തില്ല എന്താ വ്യത്യാസം ഇതാണോ വ്യത്യാസം സർവാർപ്പണമായി പ്രധാന വ്യത്യാസം പറയുന്നില്ല വേറെന്തൊക്കെയോ പറയും ഗ്രഹസ്ഥന്മാരെ സന്യാസന്മാരെ എന്താണ് അതിന് ഉറപ്പ് വരുത്തണം ആത്മസത്യം എന്നുള്ള വിശ്വാസത്തിൽ ഉറച്ച് ബാലകൃഷ്ണൻ നരി സാർ ഗ്രസന വിന്യാസിയന്താണ് വ്യത്യാസം വ്യത്യാസങ്ങൾ മാത്രമായിട്ടുള്ള അദ്ദേഹത്തിന്റെ വ്യാപാരം പറഞ്ഞിട്ടൊരു കാര്യ ബോധമില്ലാതായി സന്യാസിയായി ബോധമില്ലാതായി ഗ്രഹസ്ഥനാണ് ധാരാപരിഗ്രഹം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കും ആ വ്യത്യാസം അറിയത്തില്ല അതുപോലെ അറിയാൻ ഗ്രഹസ്ഥ ഗ്രഹസ്ഥന്റെ ഇതാണ് പാണിഗ്രഹണം ധാരാപരിഗ്രഹം അത് ചെയ്യുന്നവനാണ് ഗ്രഹസ്ഥൻ അവിടെയാണ് കർമ്മങ്ങളെല്ലാം അത് ചെയ്യുന്നുകൊണ്ടാണ് നിത്യം നൈമിത്യങ്കാമ്യം ഈ കർമ്മങ്ങളെല്ലാം ഇവിടെ വരുന്നത് അത് ചെയ്യാത്തവന് ഈ കർമ്മങ്ങളൊന്നും ഇല്ല ഒരു കർമ്മവും ഇല്ല ശ്രമം എന്ന് പറയുമ്പോ അതെല്ലാം ഭാര്യ സമേതനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഭാര്യ സമേതനായി ചെയ്യേണ്ട കാര്യങ്ങൾ ഭാര്യ ഇല്ലാത്തവന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുവെച്ചാ നമ്മൾ ഇന്നിപ്പോ സാധാരണ ചെയ്യുന്ന ഒരു പുഷ്പാഞ്ജലിയോ പൂജയുടെ കാര്യം അല്ല പറയുന്നു അവിടെ പറയുന്ന കർമ്മങ്ങൾന്ന് പറയുന്നത് എന്താണ് വൈദികമായിട്ടുള്ള കർമ്മങ്ങൾ അതുകൊണ്ട് ഓർക്കണം ഈ കാലഘട്ടത്തിൽ പ്രസക്തി ഇല്ലെന്ന് പറഞ്ഞാൽ ശൂദ്രന്മാർക്കൊരു പ്രസക്തിയില്ല എന്നൂടെ പറയുന്നു എന്തുകൊണ്ട് എന്തുകൊണ്ട് നിത്യ നിത്യങ്ങള് ശൂദ്രസന്യാസത്തില് ഇതിനൊന്നും പ്രസക്തിയില്ല എന്തുകൊണ്ടാണ് ർമ്മങ്ങൾക്ക് അധികാരം ഇല്ലല്ലോ പിന്നെ അത് പ്രസക്തിയില്ല പക്ഷെ ബ്രാഹ്മണൻ ആണെങ്കി എന്തുണ്ട് പ്രസക്തിയുണ്ട് കാരണം അവർ കർമ്മത്തിന് അധികാരമുള്ളവരാണ് ബ്രാഹ്മണൻ കർമ്മത്തിന് അധികാരമുള്ളവനാണ് അപ്പൊ അവന് വേണോ വേണ്ടെന്നുള്ള അവിടെ ഒരു പ്രസക്തിയുണ്ട് അത് എപ്പോഴും മനസ്സിലാക്കുന്നു മൊത്ത സംഗതികൾ എന്തിന്റെ അടിസ്ഥാനത്തില ജാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നടക്കുന്നതെല്ലാം ശൂദ്രസന്യാസമാണ് കൂടുതൽ അല്ലെങ്കിൽ ബ്രാഹ്മണന്മാരെന്ന് അഭിനയിക്കുന്ന ശൂദ്രന്മാര് ശൂദ്രസന്യാസത്തെ ഈ പറയുന്ന ഒരു കാര്യത്തിനും പ്രസക്തിയില്ല ബ്രാഹ്മണ സന്യാസത്തിലാണ് ഇതൊക്കെ ചർച്ചയ്ക്ക് വരുന്നത് അതുകൊണ്ടാണ് ഇതൊക്കെ എത്ര പറഞ്ഞാലും മനസ്സിലാകത്ത അതും ഒരു കാരണമാണോ ചൂദന്മാർക്കിതും മനസ്സിലാകത്തില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ബ്രാഹ്മണർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ള ഈ പറയുന്നത് നിത്യം നൈമിത്യകം കാം എന്തോന്ന് നിത്യം നൈമിത്യം കാമി ഇതെവിടെ ചെയ്ത് എവിടെ കണ്ടു അതാരും ഒന്നും ചെയ്യുന്നില്ലല്ലോ ഈ ഗ്രന്ഥങ്ങൾ ചർച്ച ചെയ്യുന്ന അതിനെ കുറിച്ചാണ് ഗ്രന്ഥങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആ ബ്രാഹ്മണ സന്യാസിനെ കുറിച്ച് ആ ചർച്ച ചെയ്യും എന്നാ ചർച്ച ചെയ്യുന്നതാര് ശൂദ്രസന്യാസിമാര് അപ്പൊ ഇതിനകത്തൊരു പ്രശ്നം വരും എന്നാ ശൂദ്രസന്യാസിമാർക്ക് ഇങ്ങനെ ഭയങ്കര സന്യാസ പട്ടമൊക്കെ കെട്ടിയിട്ട് എന്താണ് ഞങ്ങളും വലിയ സ്വാമിമാരെന്നും പറഞ്ഞ് കണക്കുന്നു ശൂദന്മാർക്ക് ഇതിന് അധികാരമേ ഇല്ല മനസിലായ അവിടെയാണ് കുഴപ്പം ശാസ്ത്രമനുസരിച്ച് ഞാൻ പറയുന്നതാണ് നിങ്ങള് പഠിക്കുന്ന ശാസ്ത്രം അനുസരിച്ച് അതുകൊണ്ട് ഇന്നത്തെ കാലത്തിന് പ്രസക്തി ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പ്രസക്തി ഇല്ലാതെ വരുന്ന ആരെ സംബന്ധിച്ച് സമുദ്ര വിന്യാസി ബ്രാഹ്മണർക്ക് ഇന്നും പ്രസക്തിയുള്ള കാരണം അവർക്ക് അധികാരമുണ്ട് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം ശാസ്ത്രമനുസരിച്ചാണ് പറയുന്നത് എന്റെ അഭിപ്രായം പറയുന്നില്ല മനസിലായ പിന്നെ ഗുരുവിന്റെ സന്യാസെ കുറിച്ച് എന്താ പറയും ഗുരുവിന്റെ സന്യാസത്തിനും ഇതൊന്നും വിഷയമേ അല്ല ഗുരു ഏർപ്പാട് സന്യാസം ഗുരു ഏർപ്പാട് സന്യാസം എന്താണോ പലവരായിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കാനും താല്പര്യം അതിനെ താല്പര്യമുള്ളു അത്രേ ഗുരു പറഞ്ഞിട്ടുള്ളു സോഷ്യൽ സർവീസ് എന്ന് മാത്രം പറഞ്ഞ പോരാ എന്ന് പറഞ്ഞാത് ഒറ്റക്കാലുള്ള നില്പ്പായ്പൂ സോഷ്യൽ സർവീസ് എന്ന് പറഞ്ഞാൽ ഗുരു പറഞ്ഞാൽ സന്യാസോത്വത്തിൽ വലിയൊരു തരാറുണ്ട് അതിനാ ഭയങ്കരമായൊരു അപകടം ഉണ്ടെന്താണ് അപകടം പറഞ്ഞു പറഞ്ഞു പറഞ്ഞു വരും ശരിയാ ചെലപ്പോ കത്തും ആ കറക്റ്റ് ഗുരുവിന്റെ പക്ഷേ പറഞ്ഞാൽ എന്തു പറയും ആ കറക്റ്റ് അത് അവനവൻ ആത്മസുഖവും അന്യസുഖം ഇതാണ് ഗുരു പറയുന്നത് എന്നാലും സന്യാസവും സന്യാസം വേണം നിർബന്ധമില്ല എന്നാലും സന്യാസി പരോപകാരം പ്രവർത്തിക്കണമെന്ന് പറയുമ്പോൾ അവിടെ ആദ്യം വരുന്നത് എന്താണ് ആത്മസുഖം തന്റെ ആത്മശുദ്ധി ആത്മസുഖം എന്നൊക്കെ പറയുമ്പോൾ എന്താണ് എന്തെങ്കിലും തനിക്ക് പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അവിടെ ആത്മസുഖം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞ പോലെ എന്ന് പറഞ്ഞെന്താണ് ഇഷ്ടമുള്ള പ്രവൃത്തി കൃത്യമായി ആത്മസുഖം എന്ന് പറഞ്ഞാ എന്താണ് ആത്മസാക്ഷി പറയും ഫലം വേണ്ട എന്താണ് ആത്മസുഖം തന്റെ സുഖം എന്ന് പറയുമ്പോ അങ്ങനെ എന്താണ് സുഖത്തിന് വേണ്ടി മനുഷ്യനെന്ത് ചെയ്യാമെന്ന് ചിലർക്ക് സുഖം എന്ന് പറയുന്നത് എന്താണ് എന്തെങ്കിലുമൊക്കെ പിടിച്ചെടുക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ചിലർക്ക് സുഖം കുറെ പണം സമ്പാദിക്കുന്നതായിരിക്കും ചിലർക്ക് സുഖം തുറങ്ങുന്ന ആയിരിക്കും അങ്ങനെയും ഉണ്ടല്ലോ കുറെ പേര് അപ്പൊ ഇതൊക്കെ ആത്മസുഖം ഇത് ഇത് വേണോന്നാണോ പറയുന്നത് അവരെ പ്രിയം എന്തായാലും വേണം അന്യനു സുഖം വരണമെന്ന് പറയും പക്ഷേ തന്റെ സുഖം എന്ന് പറയുമ്പോൾ എന്താണ് ജഗത് മോഹങ്ങളിൽ നിന്ന് സത്യമായ സ്വരൂപ ഇപ്പൊ ഈ പറഞ്ഞു വരുന്നു ഇപ്പൊ കത്തി കത്തി വരുന്നുണ്ട് അതായത് അവനവന്റെ ശുദ്ധി അതിലൂടെ ഉണ്ടാവുന്ന സുഖം അതിനാണ് പറയും തന്നെ ശുദ്ധീകരിച്ചു കിട്ടുന്ന സുഖത്തെയാണ് ആത്മസുഖം ആത്മശുദ്ധീകരണത്തിലൂടെ കിട്ടുന്ന സുഖം അതാണ് മൊത്തം കുരു പറയുന്നതിന്റെ ഉള്ളടക്കി എന്നൊക്കെ പറയുന്ന പറയുമ്പോ സ്വന്ത ശുദ്ധീകരണമാണ് ആ ശുദ്ധീകരണത്തിലൂടെ വരുന്ന സുഖം അങ്ങനെ തെൻ്റെ സുഖം നേടാ അല്ലാതെ എന്തെങ്കിലും പിടിച്ചെടുത്ത സുഖം നേടുന്നതല്ല മറ്റുള്ളവരെ കാരണം മനുഷ്യന് സുഖം നേടുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരാൾക്ക് സുഖം കിട്ടുന്നത് ചിലർക്ക് സുഖം കിട്ടുന്നത് കൂട്ടുകാരോ പോയി അവിടെ കാണുന്ന ആരെങ്കിലും ചീത്ത വിളിക്കുമ്പോഴായിരിക്കും അതിനൊക്കെയാണ് ചിലര് സുഖം കണ്ടാക്കുന്നത് ആരെങ്കിലും കാണുമ്പോൾ ഉച്ച ഇടുക ബേളം വയ്ക്കുക ചീത്ത വിളിക്കുക ചിലർക്ക് മറ്റുള്ളവരെ ഉപദ്രവിക്കുമ്പോഴായിരിക്കും സുഖം ചിലർക്ക് മറ്റുള്ളവരെ കൂടുതലായി ഭരിക്കുമ്പോഴായിരിക്കും സുഖം ഭരിക്കാൻ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ അതിന് രാജ്യം ഭരിക്കാൻ പറ്റും സാമ്യായ ആരെ ഭരിക്കാനും ഏതെങ്കിലും ഗതി ആശ്രമത്തിൽ വരുന്നവന്മാരെ ഭരിക്കുക അതിലായിരിക്കും ചില പ്രസവം ആശ്രമത്തിൽ വരുന്ന വരണമെങ്കിൽ എന്തുകൊണ്ടേ വരത്തുള്ളൂ ഗതികെട്ടേ വരത്തുള്ളു ബോധമുള്ള ബോധമുള്ള എന്തായാലും ഗതി കേട്ട് വരുന്നവനെ ഭരിച്ച് പറഞ്ഞു അപ്പൊ ഇതൊക്കെയാണ് അസുഖം അല്ല ആത്മവിശുദ്ധി അതുകൊണ്ടായിരുന്ന അസുഖമാണ് ആ ഗുരു പറയുന്ന വേറെയാണ് ഇത് പറയുന്ന വേറെയാണെന്ന് പറയാനും ഇവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും ജാതി അധിഷ്ഠാനമാണ് ജാതി അടിസ്ഥാനത്തിൽ ശുദ്ധി വേണോന്നൊക്കെ പറയുന്നുണ്ട് അതും കൂടെയും പറയുന്നുണ്ട് അതില്ല എന്നുള്ളതല്ല പക്ഷെ ജാതിയുടെ പേരിൽ പറഞ്ഞ ആ അതാണ് ഇവിടെ പറയുന്ന കാര്യം അത് പ്രത്യേകം അപ്പോൾ ഗൃഹസ്ഥന് സന്യാസി നമ്മള് വ്യത്യാസമില്ല ഗ്രഹസ്ഥന് ഭാര്യയോടുകൂടി ഇരുന്നാൽ മാത്രം ഈ പറയുന്ന നിത്യ നൈമിത്യ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ശൂദ്രനെ സംബന്ധിച്ചിടത്തോളം ഈ നിത്യം നൈമിത്യം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഭാര്യാസമേതനായിരുന്നു ചെയ്യേണ്ട കർമ്മങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അവനൊട്ടും മനസ്സിലാകത്തില്ല അതാണ് പ്രശ്നം അതുകൊണ്ടാണ് അവന് ഗൃഹസ്ഥന് സന്യാസി നമ്മൾ വ്യത്യാസം മനസ്സിലാകാത്തത് അവന് പരമാവധി പറയാന്നുള്ളത് എന്താണ് സന്യാസി കർമ്മം ചെയ്യും എന്നില്ല ഗ്രഹസംകർമ്മം ചെയ്യുന്നുണ്ട് എങ്ങനെ എന്ത് കർമ്മം ഇതെന്നും അവന് മനസിലാക്കിയെടുക്കാൻ പിന്നെ പാടാണ് ശൂദ്രന്റെ ധർമ്മം എന്ന് പറയുന്ന ഒരേ ഒരു ധർമ്മം ഏ അത് ബാക്കിയുള്ള മൂന്ന് വർണ്ണങ്ങളെയും പിന്നെ വേറെന്ന് മനസ്മൃതയെ പറ്റും പറയുന്നു എന്താണ് സാമാന്യധർമ്മ സാമാന്യധര്മ്മഞ്ഞ അവൻ സത്യം പാലിക്കണം കാരണം ഇവൻ സൂത്രന്റെ പണിക്കാരനാണ് അവൻ സത്യം ഇല്ലെങ്കിൽ അവിടെ നല്ല അടിച്ചു മാറ്റി സത്യം വേണം പിന്നെ തന്റെ യജമാനന്മാരെ അഹിംസിക്കരുത് അതുകൊണ്ട് അവൻ എന്ത് വേണം അഹിംസ വേണം ഇങ്ങനെയൊക്കെയുള്ള സാമാന്യധർമ്മങ്ങളും സൂത്രനുണ്ട് അത് പറയുന്നുണ്ട് പക്ഷെ ശൂത്രന് പ്രത്യേകിച്ച് ബ്രാഹ്മണ ക്ഷത്രീയ വൈശ്യന്മാരെ പോലെയുള്ള ആശ്രമധർമ്മങ്ങൾ ഇതെല്ലാം വേറെ ഒന്നുമില്ല അവൻ ഈ മൂന്ന് വർണ്ണത്തെയും സേവിച്ച് സേവിച്ച് സേവിച്ച് മരിച്ചു കഴിഞ്ഞാൽ അവന് സ്വർഗം കിട്ടും ആ സേവനത്തിൽ മരിച്ച ആ കിട്ടും പ്രധാനമായി സേവിക്കേണ്ടത് ബ്രാഹ്മണനെയാണ് മനസ്സിലായ അതുകൊണ്ട് ഇവിടെ എന്താണോ നമ്മണ കർമ്മ കൊണ്ട് മോശം പറ്റില്ല പ്രജയാ സന്യാസം കൊണ്ടേ പറ്റും ധനേന ജീവിതത്തിന്റെ ലക്ഷ്യം ധനസമ്പാദനമാണെങ്കിൽ അതുകൊണ്ട് പറ്റത്തില്ല മാനസഹവും പ്രാപിച്ചിട്ടില്ല പുത്രങ്ങളുണ്ടായിരം കൃഷി മാത്രമല്ല പ്രജകൾ എന്ന് പറഞ്ഞ ആണ് പെണ്ണും എല്ലാം വരും അത് വന്നല്ലേ പറ്റും എല്ലാവർക്കും എന്താണ് എല്ലാവരും പ്രജകളാണ് പക്ഷെ കർമാധികാരം വീണ്ടും ആണ് വരും അത്രയേ കർമാധികാരങ്ങളെന്ന് പറയുന്നത് ആണല്ലെന്ന് പറയുമ്പോൾ പെണ്ണും വരും പെണ്ണില്ലാതെ വംശം മുമ്പോട്ട് പോകത്തില്ല അപ്പോ ഇവനെ സംബന്ധിച്ച് പ്രജ എന്ന് പറയുമ്പോൾ കർമ്മത്തിന് അധികാരിയാകാനാണ് മുഖ്യം പിന്നെ പെൺകുട്ടികൾ കൊണ്ട് അത് രണ്ടാമം അത് പറഞ്ഞിരിക്കുന്നു ഇപ്പൊ പിതൃലോകം ഇവിടത്തെ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കണമെങ്കിൽ അവന് പുരുഷപ്രജ വേണം മനുഷ്യലോകത്തില് പിതൃലോകത്തിൽ ദേവതാലോകത്തിലൊക്കെ എത്തിച്ചേരണം എന്ത് വേണം പുരുഷപ്രജന് വേണം അതാണ് അവരുടെ സിദ്ധാന്തം വിദ്യയ ദേവലോകർമ്മണാ പിതൃലോക എന്നൊക്കെ പറയും ഉപാസനയിലൂടെ ദേവലോകത്തിലെത്തിച്ചേരണം കർമ്മങ്ങളനുഷ്ഠിച്ച് പിതൃലോകത്തിലെത്തിച്ചേരണം എന്നൊക്കെ പറയും ഗുരുവിന്റെ വിവാഹത്തിന്റെ പരിഷ്ക്കരണം എന്ന പ്രേഗണമോചനായ എന്നൊക്കെ ഒരു ശ്ലോകമൊക്കെ എഴുതി വന്നിട്ടാണ് ഗുരുവിന്റെ സഹായം കൊണ്ടുണ്ടായതാണോ അതോ പിന്നെ അന്നത്തെ ഗുരുവിന്റെ സഹകാരികൾ ചെയ്തതാണോ അന്നത്തെ കാലത്ത് ചെയ്ത എല്ലാ കാര്യങ്ങളും എന്താണോ അന്നത്തെ മനുഷ്യന് <laughs> ും അവരുടെ പതിതമായ ഒരു അവസ്ഥയിൽ നിന്നും അവരെ ഒന്ന് ഉയർത്തുന്നതിന് വേണ്ടി അവരുടെ വിശ്വാസങ്ങൾക്കും അവരുടെ ആചാരങ്ങൾക്കും പരിഷ്കരണമെന്നുള്ള ആര്ക്ക് ചെയ്തതാണ് ഗുരു തന്നെ ചെയ്തു ഗുരുവിന്റെ നിർദ്ദേശം അനുസരിച്ച് മറ്റുള്ളവർ ചെയ്തു അല്ലെങ്കിൽ ഗുരു നേരിട്ട് ചെയ്തു അതൊക്കെ ഒരു പരിഷ്കരണമാണ് പരിഷ്കരണം എന്ന് പറയുമ്പോൾ എന്താണോ നിലനിൽക്കുന്ന വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും പരിഷ്കരിക്കുകയാണ് അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ കടന്നു വരും അങ്ങനെയുള്ള പരിഷ്കരിക്കാൻ പറ്റും പരിഷ്കരണം അങ്ങനെ നടക്കും ജനങ്ങളുടെ എന്ന് വെച്ചാൽ നിലവിലിരിക്കുന്ന വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഒക്കെ പാടെയും നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ പരിഷ്കരണം നടക്കും അതുകൊണ്ട് ഗുരുതന്നെ ഏർപ്പെടുത്തിയെല്ലാ കാര്യങ്ങളും ഈശ്വര ആരാധയും വിശ്വാസവും കർമ്മങ്ങളും പര്യടനം എല്ലാത്തിനെയും നവീകരിക്കുകയാണ് തിനൊക്കെ ഒരു പരിഷ്കരണ ശ്രമമായി വേണം മനസ്സിലാക്കേണ്ടത് ശരിക്കും ഗുരു അത് തന്നെ ചെയ്തു അല്ല ഇതിലൊക്കെ അബദ്ധമുണ്ട് അതുകൊണ്ട് ഇത് എല്ലാം നിഷേധിക്കാൻ കഴിഞ്ഞു അങ്ങനെ നിഷേധിച്ചാൽ ജനങ്ങളെ സമീപിക്കാനോ അവരെ മുന്നോട്ട് നയിക്കാനോ പറ്റത്തില്ല അന്ധവിശ്വാസങ്ങളുടെ അനാചാരങ്ങളൊക്കെ മൊഴി പെടുന്നവരുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഒന്ന് പരിഷ്ക്കരിക്കും ഞാൻ ഇന്നലെ ഒരു നയ കമ്മ്യൂണിറ്റിയുടെ ഒരു എന്താ മരണാനന്തര അല്ലെ ഭരണാടീന്ദ്രന് അവരുടെ ഒരു കുറച്ചുകൂടെ വികലമായിട്ടാണ് ഒരു അവരുടെ സമ്പ്രദായങ്ങൾ കണ്ടത് പക്ഷെ ഗുരുവിന്റെ സമ്പ്രദായത്തെ കുറച്ചേറെ പരിഷ്കരിച്ചതായിട്ടും കണ്ടു അത് അങ്ങനെ വരുന്ന എന്തെന്ന് വെച്ചാല് സംഭവിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലം വരെയും നായരുടെ ഇടയിലൊന്നും കൃത്യമായ ഒരു ഉണ്ടായിട്ടില്ല ഓരോ പ്രാദേശികമായ രീതിയിൽ ഓരോരുത്തരും ഓരോ രീതിയാണ് ചെയ്യുന്നു ഇതങ്ങനെയല്ല പഴയകാലം മൂല പരിഷ്കരണം ഗുരു നടപ്പിലാക്കിയതുകൊണ്ട് അതിനൊരു ഏകദേശം രേഖ മനുസരിച്ചു മറ്റേ അങ്ങനെയല്ല ഗുരുവിനെ ഗുരു പറഞ്ഞ അനുസരിക്കും നായന്മാരുടെ ഇടയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പാരമ്പര്യമായി പണ്ട് കീഴവരുടെ ഇടയിൽ ഇരുന്ന് പോലെയുള്ള ആചാരങ്ങള് അങ്ങനെ തന്നെ അനുഷ്ഠിക്കുക പിന്നെ ഓരോരോ ഉൽക്കാലത്തു നിന്ന് വേറെ കൃത്യമായ ഒരു ആചാരന്റെ നിർദ്ദേശം അനുസരിച്ചല്ല അവിടെ പോകും ഓരോരുത്തർ പറയുന്ന അനുസരിച്ച് പ്രാദേശികമായി അവരുടെ തീരുന്നായിരിക്കില്ല അവരുടെ തീരും വ്യത്യാസമുണ്ട് നീലകണ്ഠതീർത്ഥവാദാര പരിഷ്കാരം ഉണ്ടാക്കി അത് നായന്മാരുടെ ഇടക്കൂടി എൻ എസ് എസ് കലയോഗങ്ങളിലൂടെ അത് നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോൾ അത് വലിയ കട്ടിയായി അതുകൊണ്ട് അതിനെ പരിഷ്കരിച്ച് പിന്നീട് വന്ന പല ചെറുതാക്കി ചെറുതാക്കി അപ്പോൾ പലരും ചെറുതാക്കിയൊണ്ടത് പലരൂപത്തിലായി ഒരു ഏകീകരണം ഇല്ല കാരണം ഒരു ഈ നീലകണ്ഠതീർത്ഥ സമ്മതനായിരുന്നു പക്ഷേ പുള്ളി എഴുതി വെച്ചതാർക്കും ചെയ്യാൻ പറ്റാത്ത അത്രയും വിപുലം ഉള്ള ശാസ്ത്രങ്ങളൊക്കെ കോട്ട് ചെയ്ത് വളരെ ബ്രാഹ്മണരെ ചെയ്യുന്ന വലിയ ജടിലമായ ഒരു ആചാര പദ്ധതിയാണ് നടപ്പിലാക്കിയത് അത് അത് നടപ്പിലാക്കുമ്പം നീലകണ്ഠതീർ ചോദിച്ചത് ബ്രാഹ്മണർ ചെയ്യുന്നതിന് തുല്യമായിരിക്കും നമ്മളൊട്ടും മോശക്കാറുണ്ട് എന്ന് വിചാരിച്ച് വളരെ ദീർഘമായ ഒരാൾക്ക് പഠിച്ച് പറഞ്ഞ് ജയിക്കാനൊക്കെ വളരെ പ്രയാസമുള്ള ഒരു ആചാര പദ്ധതിയാണ് ഏർപ്പാട് ഉള്ള ശാസ്ത്രങ്ങളിൽ വലിയ പണ്ഡിതനായിരുന്നു ഗുരു പറഞ്ഞതു കൊണ്ട് ലാളിത്യമുണ്ട് അതിനെ പലരും പരിഷ്കരിച്ച് ചെയ്യാൻ പയ്യാത്തൊണ്ടപ്പോൾ പലതായി വിവാഹിയോ കുറച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ഒരു എന്താ രവിശങ്കറിന്റെ തന്നെ ഒരു പൂജയായിരിക്കും അല്ലെങ്കിൽ എന്താ ഹോമവാഹത്തിൽ ഒരു കാര്യമാണ് പക്ഷെ നമ്മള് ഞാൻ ആലോചിച്ചപ്പോൾ ഈ പരിഷ്കൃത സംഘടന വന്നത് കൊണ്ട് ഒത്തിരി മാറ്റങ്ങൾ എല്ലാ മേഖലയിലും ചിന്തിച്ചു അത് ഗുരു ഏർപ്പെടുത്തിയതുണ്ട് ഗുരുവരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സ്വീകരിക്കും മറ്റേ അങ്ങനെയല്ലല്ലോ അങ്ങനെ പറയാൻ ഒരാള് ഏർപ്പെടുത്തിയത് കഠിനമായി പോയി ബാക്കിയുള്ളവർ പരിഷ്ക്കരിക്കുകയും പലയിടത്തും പ്രാദേശിക നാട്ടുംപ്രകളിലൊക്കെ പ്രാദേശിക ആചാരങ്ങളാണല്ലാതെ അങ്ങനെ ഒരു കൃത്യമായ പറയാൻ പറ്റും പക്ഷെ ഇപ്പോഴും കുറെ തോന്നുന്നു അവിടെ ഇതുപോലെ തന്നെ കരയോഗത്തിന്റെ പ്രസിഡന്റ് സെക്രട്ടറി ഓരോന്നിങ്ങനെ ചെയ്യാൻ പറയും ചെയ്യും അവർക്കറിയാം എന്നുള്ളത് ചെയ്യാൻ പറയും അത് ചെയ്യും അത്ര ഏകീകൃത രൂപമില്ല ശിഥിലമാണോ ഏറെ അത് പോട്ടെ അതുമായിട്ട് എന്തോ പുരുഷപ്രജയിൽ ചെയ്യുന്നതായിട്ടൊന്നും ഒരു ബന്ധമില്ല ഇനി പ്രഭു ഏർപ്പെടുത്തിയതോ പുരുഷൻ വേണോ സ്ത്രീ വേണോ അങ്ങനെയൊന്നുമില്ല ഏതായാലും കുഴപ്പമില്ല എന്നിവയായിരിക്കും നമ്മുടെ ശ്രീനാരായണ ധർമ്മം എടുക്കരുത് അത് ഇതുപോലെ നീലകൊണ്ട തീർത്തുണ്ടാക്കി ഇതുപോലെ ശാസ്ത്രജ്ഞ നോക്കി എഴുതി വെച്ച് കൊണ്ട് കാണിച്ച് എസ് എന്ന് പറഞ്ഞാണ് ആയിക്കോട്ടെ എന്താ ഗുരുവിന്റെ കാഴ്ചപ്പാടനുസരിച്ച് സംശയം വന്നപ്പോഴേ ഈ ആശാനോട് അതിനകത്ത് ഈ പരിഷ്കരണം തന്നുണ്ടായിരുന്നല്ലോ ഈ ആചാര പരിഷ്കരണങ്ങൾ അതായത് വിവാഹം പോലെയുള്ള അടിയന്തരങ്ങളൊക്കെ പരിഷ്കരണം വന്നപ്പോ ആശാൻ എഴുതി ചേർത്താണോ ഈ പദ്യങ്ങൾ അല്ലെങ്കിൽ കടം കൊണ്ടതാണോ ഈ എന്താണ് പിതൃവണ്ണ മോചനായര കന്യകാദാനോഹങ്കരിഷി എന്നൊക്കെ പറഞ്ഞൊരു രണ്ടു മൂന്ന് ശ്ലോകവും പിന്നെ അവസാനത്തെ ഒരു പദ്യമുണ്ട് അത് സൗഹൃദമായി പഴുകെ മതി ആണോ എന്നൊക്കെ പറയും കൃത്യമായിട്ട് ആ ആശാന് എഴുതാൻ സാധ്യത ഒരുപാടുണ്ട് അതൊരാണു സാധ്യവും കൃത്യമായിട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഇതെല്ലാം ഗുരുവേണ്ടിയൊന്നും ഉണ്ട് അങ്ങനായിക്കോട്ടെ ഇതൊക്കെ നടക്കുന്നുണ്ടോ ഇനിയുള്ള കാലത്ത് അതിന്റെ ഒന്നും ആവശ്യമുണ്ട് പഴയ കാലത്ത് അങ്ങനെയൊക്കെയായിരുന്നു ആ കാലം കഴിഞ്ഞ് ത്യാഗേ നൈകെ അമൃതമാൻ ശിവൃത്തും ഇതാനം അനുപയോഗുഹകർമ്മ ചോദിക്കുന്നു ക്കും ഇതാനിയും അനുപയോഗയവ സർവ്വതായ കർമ്മ കർമ്മങ്ങൾ പൂർണമായും ഉപയോഗമില്ലാത്തതാണ് എന്നാണ് കർമ്മങ്ങളെ സർവ്വ ഉപേക്ഷിക്കണമെന്ന് പറയുന്നത് പറയുമ്പോൾ പൂർണമായിട്ട് സർവതാന്ന് വെച്ചാൽ സർവ്വപ്രകാരത്തിനും ഇവിടെ കർമ്മങ്ങൾ ഉപയോഗമില്ലാത്തതാണോ എന്നാണ് ചോദിക്കുന്നത് ൺ അങ്ങനെ ഒന്ന് കളഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ വിവിധ ശന്തി യജ്ഞേന എന്നാണ് എന്റെ അർത്ഥം പറഞ്ഞാൽ യജ്ഞത്തിലൂടെ വേദിത മിച്ഛന്തി അറിയാൻ ആഗ്രഹിക്കുന്നു എന്തിനാ ബ്രഹ്മത്തെ അപ്പൊ യജ്ഞേന കർണതൃതിയാണ് യജ്ഞത്തിലൂടെ യജ്ഞം ചെയ്ത് ബ്രഹ്മത്തെ അറിയാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയില്ലേ അപ്പൊ കർമ്മം ഇങ്ങനെ ഉപയോഗാതാവും കാരണം ബ്രഹ്മത്തെ അറിയുന്നതിന് വേണ്ടി യജ്ഞം വേണം അന്ന് ശ്രുതി പറഞ്ഞിരിക്കുകയാണ് ഇവിടെ എന്താ പറഞ്ഞത് തൊട്ടുമ്പ് കർമ്മ ഇത് ഈ പറഞ്ഞിരിക്കുന്നത് കൈവല്യോഷ്യം പിന്നെ തമേദം വേദം ആത്മാനം വേദ അനുവജനേന ഭ്രമണ ബൃഹധാരണ കവിദ്യ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ത്യാഗയ മൃതത്വം ഇതൊക്കെ ഉപേക്ഷിക്കണമെന്നാണ് ബൃഹധാരണത്തിൽ പറഞ്ഞിരിക്കുന്നു യജ്ഞന യാഗത്തിലൂടെ ആത്മാവിനെ അറിയണം ആത്മാവിനെ അറിഞ്ഞാൽ മോക്ഷം അപ്പൊ ഇവിടെ പരസ്പരം ഉണ്ടല്ലോ ആയിട്ടുണ്ടല്ലോ എന്നാണ് ചോദിക്കുന്നത് തഥാപിച്ച വീധശന്തി യജ്ഞന ഇത്യാദിയോ അതിന് വിരുദ്ധീരൻ ഈ പറഞ്ഞ കൈവല്യശ്രുതിയുമായിട്ട് വിരോധം വരും പരസ്പര വിരുദ്ധമാവുമല്ലോ എന്നാണ് സമന്വയിപ്പിക്കുകയാണ് ആരാധ ഉപകാരകത്വ കർമ്മണം യജ്ഞാധികം ആരാധുപകാരക പരമ്പരയാ ഉപകാരകമാണ് എന്ത് യജ്ഞാദികർമ്മങ്ങൾ യജ്ഞാതികർമ്മങ്ങൾ ആരാധ ഉപകാരമാണ് പരമ്പരയ ഉപകരിക്കുന്നതാണ് കർമ്മണം യജ്ഞാദിന യജ്ഞാദി കർമ്മങ്ങൾ എന്നർത്ഥം അതിനെ പരമ്പര ആരാധ എന്ന് പറയുന്നത് അമ്പിയും ആരാധ ദൂര സമീപയോഗവും ആരാൽ വിളക്കരികിലില്ലാധി സമീപം എന്നുള്ള അർത്ഥമുണ്ട് ദൂരെന്നുള്ള അർത്ഥമുണ്ട് ദൂരെ എന്നുള്ള അർത്ഥം എടുക്കുമ്പോഴാണ് പരമ്പര എന്നുള്ള അർത്ഥം വരുന്നത് ഒരേ ശബ്ദത്തിന് വിരുദ്ധാർത്ഥം ഓരോ സന്ദർഭം അനുസരിച്ച് മനസ്സിലാക്കി ആരാൻ വിളക്കരികിലന്നിവിടെയാ പറഞ്ഞത് കേട്ടിട്ടുണ്ടോ ആ ഇതാ കൊഴപ്പം എവിടെയാ കേട്ടിട്ടുള്ളത് അതും പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ കേട്ടെന്ന് പറയും രാമായണം വിളക്ക വായിച്ചാലും അപ്പോ പരമ്പരയാകർ കർമ്മങ്ങളെല്ലാം പരമ്പരയ ഉപകരിക്കുന്നു വേണ്ടതല്ല യജ്ഞാധീനം തഥാഹി അത് പറയുന്നു ആത്മാനം വേദ അനുവജന നിത്യസ്വാധ്യയന ബ്രാഹ്മണ വിവിധന്തി വേദനി ർത്ഥം പറഞ്ഞാണ് അത് ശ്രുതിയാണ് അർത്ഥം പറയുന്നത് നിത്യസ്വാധ്യായന നിരന്തരമായ സ്വാധ്യായം എന്ന് പറഞ്ഞാൽ അവിടെ വെറുതെ ചൊല്ലുന്ന മാത്രമല്ല ചൊല്ലുക മനനം ചെയ്യുക അല്ലാതെയും വരും ശ്രവണം മനനം എല്ലാം വരും നിത്യസ്വാധ്യായന ബ്രാഹ്മണാ ർഥം പറയുന്നു നേരിട്ട് ഇത്രേ ഉള്ളൂ തം ഏദം ആത്മാനം അനുവചന ബ്രാഹ്മണ വിവിധ എന്നാണ് അപ്പൊ നിത്യസ്വാധ്യായത്തിലൂടെ ബ്രാഹ്മണർ ഈ ആത്മാവിനെ വേദിതും ഇച്ഛന്തി അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് വിദന്തി അറിയുന്നു അല്ല വിവിധ എന്ന് പറഞ്ഞാൽ വേദിതും ഇച്ഛ അറിയുന്നതിനുള്ള ആഗ്രഹമാണ് വിവിധുഷ അപ്പൊ വിവിധന്തി അത് ഭാഗതി കാലം പ്രത്യേകം എന്താണ് അത് വേദിതും ഇച്ഛന്തി എന്നാണല്ല അറിയുന്നു എന്നല്ല തജ്ഞാന തപസുകളിലൂടെ എന്തങ്ങനെ പറയാൻ കാരണം വിവരണകാരന്മാര് വേദന അന്വയവാദികളാണ് വേദന അന്യവാദികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബ്രാഹ്മണാഹ വിവിധന്തി എന്നർത്ഥം പറയും ആര് അറിയുന്നു എന്നാണ് അപ്പോ ഭാമികാരം പറയുന്നത് എന്താണ് അറിയാൻ ഇച്ഛിക്കുന്നത് ഇതാണ് കണ്ടത് നമ്മുടെ വ്യത്യാസം അതങ്ങനെ പറയാൻ കാരണം എന്താണോ അങ്ങനെ പറയാൻ കാരണം പ്രകൃതി പ്രത്യയോ സഹാർത്ഥം ബ്രുവത്തെന്താണ് ഒരു ശബ്ദത്തിന്റെ പ്രകൃതിയും പ്രത്യയവും ഒരുമിച്ചാണ് അർത്ഥത്തെ പറയുന്നത് വിവിധ വിവിധ അവിടുത്തെ പ്രകൃതി വിധുധാതു പ്രത്യയം സന്ന് വിവിധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നു പ്രകൃതിയും പ്രത്യവും ചേർന്ന് ഓരർത്ഥത്തെ പറയുമ്പോൾ തയോഹോ പ്രത്യർത്ഥ ശിവ പ്രാധാന്യം അതിന് പ്രത്യയത്തിന്റെ അർത്ഥത്തിനായിരിക്കണം പ്രാധാന്യം ഇതാണ് ആര് സ്വീകരിച്ചിരിക്കുന്നത് ഭാമിക വിധ ധാതു സന്ന ഭർത്തിയും കൂടെ ചേർന്നിട്ട് ഒരർത്ഥത്തെ പറയുമ്പോ അവിടെ പ്രാധാന്യം ഇവിടെ പ്രത്യേകം ഏതാണോ വിവിധ ക്ഷാമം എടുത്ത് അതിന്റെ അർത്ഥം എന്താണോ ഏതാണ് സൂത്രം സമാനകർത്തൃവാ ഇച്ഛാർത്ഥത്തിനാണ് സന്ന് പ്രത്യേകം വിധിക്കുന്നത് ഇച്ഛാർത്ഥത്തിൽ സന്ന് പ്രത്യേകം വിധിച്ചിരിക്കുന്നൊണ്ട് അവിടെ ആ അർത്ഥത്തിന് പ്രാധാന്യം എന്നൊരു നിയമമുണ്ട് ഭാഷയുടെ നിയമമാണത് ഇപ്പൊ പറഞ്ഞ നിയമം എന്താണോ പ്രകൃതിയും പ്രത്യവും സഹാർത്ഥം ഭൂവതൃത്ഥാന്യം അപ്പൊ യജ്ഞേന എന്ന് പറയുന്ന ആ കരണം പ്രധാനത്തിലൂടെ അന്വയിക്കണം ബിബി ദിക്ഷതിലൂടെ അതിനെ പ്രധാനത്തിലൂടെ അന്വേഷിക്കണം അവിടെ പ്രാധാന്യം ഏതിനാണ് സർത്ഥത്തിലൂടെ അന്വേഷിക്കുന്നു അപ്പോ വേദ്യതും ഇച്ഛന്തി എന്ന് തന്നെ അർത്ഥം പറയുന്നു യജ്ഞേന കരണേന ആത്മാനം വേദിതും ഇച്ഛന്തി യജ്ഞമാകുന്ന കർണത്തിലൂടെ ആത്മാവിനെ അറിയാൻ ആഗ്രഹിക്കുന്നു എന്നർമ്മം പറയും അറിയുന്നു എന്നല്ല പറയുന്നത് പിന്നെ എന്താണ് അറിയാൻ ഗ്രഹിക്കുന്നു മറ്റവരെ പറയും വിവരണകാരൻ അത് അറിയുന്നു പറയും അത് ഇതായിട്ട് ബന്ധപ്പെട്ടു യാസംന്ന് പറഞ്ഞു ആ മമുക്ഷു എന്തു ചെയ്യുന്നു അറിയാൻ ആഗ്രഹിക്കുന്നു ബ്രഹ്മത്തെ അറിയാൻ ആഗ്രഹിക്കുമ്പോ വിവിധിഷയുള്ളവൻ എന്തു ചെയ്യുന്നു എന്ത് ചെയ്യുന്നു അറിയാൻ ആഗ്രഹമുള്ളവൻ ആ സന്യസിക്കുന്നു അറിയാൻ ആഗ്രഹമുള്ളവൻ അറിഞ്ഞിട്ടല്ല അറിയുന്നതിന് മുമ്പ് തന്നെ അറിയാൻ ആഗ്രഹമുള്ളതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു കർമ്മങ്ങളെ ത്യജിക്കുന്നു ആ സർവകർമ്മ സന്യാസം അങ്ങനെയുള്ള സന്യാസത്തിനാണ് എന്താണ് വിതുഷാ സന്യാസം യുദ്ധസന്യാസം എന്ന് പറഞ്ഞാലോ അവൻ അറിഞ്ഞു അറിയാനുള്ള ആഗ്രഹമല്ല അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നു അവൻ ഉന്ദേശിക്കുന്നു അത് വേറെ സന്ദർഭത്തിൽ പറയുന്നതാണ് ഇവിടെ വേറെ പറയുന്നത് ബ്രാഹ്മണാഹാ വിവിധശാന്തി ഏതേതും മിച്ചന്തിന് അത് വിതന്തി അപ്പൊ വിവിധ എന്ന് പറയുന്നതിന് ധാത്വർത്ഥത്തിന് പ്രാധാന്യമുണ്ട് ബിന്ദുധാതുവിന്റെ അർത്ഥത്തിനോടെ പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് വസ്തുത പ്രധാന അർത്ഥം കൊണ്ട് അർത്ഥമനുസരിച്ച് പ്രാധാന്യം ഏതിനാണോ വേദനം എന്ന് വെച്ചാൽ വിദ്ധാതുവിന്റെ അർത്ഥത്തിനാണ് വേദനസ്യാമിക പ്രകൃത്യർത്ഥതയാ ശബ്ദതോ ഗുണത്വ ശബ്ദം കൊണ്ട് അത് പ്രകൃതി അർത്ഥമായതുകൊണ്ട് അത് ഗൗണമായിപ്പോയി ഗുണമായി പോയി മനസിലാ അർത്ഥം കൊണ്ട് പ്രാധാന്യം അറിയുക എന്നുള്ളതിന് തന്നെയാണ് പക്ഷെ എന്താണ് ശബ്ദം കൊണ്ട് പ്രാധാന്യം പ്രകൃതിയുടെ അർത്ഥം ഗൗണമാണ് അതുകൊണ്ട് ശബ്ദം കൊണ്ട് പ്രാധാന്യം ഇച്ഛക്കാണ് ശബ്ദം കൊണ്ട് പ്രാധാന്യം അർത്ഥം കൊണ്ട് പ്രാധാന്യം പ്രകൃതിയർത്ഥത്തിൽ പ്രകൃത്യർത്ഥതയാ വസ്തുത എന്ന് വെച്ചാൽ അർത്ഥം കൊണ്ട് പ്രധാനസ്യാവി വേദന പ്രധാനമാണ് വേദനം അത് പ്രകൃത്യർത്ഥതയാ പക്ഷെ അത് പ്രകൃതിയർത്ഥമായതുകൊണ്ട് ശബ്ദതോ ഗുണത്തോ ശബ്ദം കൊണ്ടത് ഗുണമായി അതുകൊണ്ട് ഇച്ഛായാസ്ത ഇച്ഛാ പ്രത്യർത്ഥതയ പ്രത്യയത്തിന്റെ അർത്ഥമായതുകൊണ്ട് പ്രാധാന്യ അതിനാണ് പ്രാധാന്യം അതുകൊണ്ട് പ്രധാനേനജ പ്രധാനത്തിനോടുകൂടി വേണോ എന്ത് കാര്യസമ്പ്ര കാര്യത്തിന്റെ സമ്പ്രത്യ അന്വയം കാര്യത്തിന്റെ അന്വേദനയോട് വേണം പ്രധാനത്തോട് വേണം അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നു ഇവിടെ പാമതികാർ വേദനാന്യവാദിയല്ല യജ്ഞന വേതനം എന്നന്വയിക്കാൻ പാടില്ല യജ്ഞേന വേദിതം വിച്ഛന്തി അങ്ങനെ അന്വയിക്കണമെന്നാണ് പറയുന്നത് ഇതൊക്കെ വലിയ കഴിമ്പുകളുള്ള കാര്യമല്ല ഭാഷാപരമായ പ്രശ്നവും വ്യാഖ്യാനത്തിൽ വരുന്ന പ്രശ്നവും പക്ഷേ വിവരണകാരനും ഭാവതികാരനും എന്തൊക്കെയാണ് പദ്വീതികൾ ചർച്ച ചെയ്യുന്നത് രണ്ടു നിന്നുള്ള വ്യാഖ്യാനത്തിൽ എന്താ വ്യത്യാസം അങ്ങനെയുള്ള ചർച്ചകൾ വരുമ്പോൾ ഇതൊക്കെ എടുത്ത് കാണും എന്താണ് ബാമതികാരന്റെ പക്ഷെ ഇതാണ് വിവരണകാരന്റെ പക്ഷെ ഇതാണ് എന്നുള്ളതാണ് അത് കഴിഞ്ഞതിന് വലിയ കാര്യങ്ങളും സംഭവങ്ങളൊന്നും